ണി ഈ വിധമെന്താണാവോ ഞാനത് ചോദിപ്പീല വേദനയറിയാതെ സൗമ്യമായുറങ്ങൂ നീ പൂരിലുൾക്കയങ്ങളിൽ താഴുവാൻ ദാഹിക്കുന്ന ദീപങ്ങൾ ഉള്ളിൽ തന്നെ വലിയ നീർച്ചാലുകൾ സത്യമെന്തറിവീല ദുഃഖത്തിൻ മുഖം കണ്ടേ യാണെങ്കിൽ ഇനിയും എഴുതി പോകും ഈ വിധം എന്താണാവോ മനസ് എന്നടി കാണാത്ത കടൽ പായലിനടിയിൽ അതിന്റെ മുത്തുകൾ ഒളിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലുണ്ട് മുകൾ പരപ്പിൽ കപ്പലോടിച്ചു പോയതുകൊണ്ടായില്ല അതിന്റെ നിഗൂഢമായ അഗാധതകളിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പൊങ്ങിയതുകൊണ്ടുമായില്ല അവിടെ സാവകാശം നിന്ന് പതുക്കെ ചുരുനോക്കണം അഴകുകൾ അപകടങ്ങൾ ചങ്ങലകൾ പൊട്ടിക്കാൻ ഇനിയും ബാക്കിയുണ്ടല്ലോ ഇനിയും ബാക്കിയുണ്ടല്ലോ മകൾ രാജലക്ഷ്മിയുടെ കഥയുടെ റേഡിയോ രൂപാന്തരം റേഡിയോ ആവിഷ്കാരം ഡോക്ടർ പി ഗീത നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നീ വരുന്നതിനു മുൻപ് ആമയായിരുന്നു ഞാൻ അംഗങ്ങൾ ഉൾവലിക്കുന്ന ആമ പങ്കെടുക്കുന്നവർ എം കെ ജയൻ ദിവാകരൻ ഇ എസ് മണി പി ജെ സബാസ്റ്റ്യൻ ജോസ് ചുങ്കത്ത് ചെരി എം എച്ച് മുഹമ്മദ് ഇസ്മയിൽ മോഹൻ അങ്കമാലി ശശിധരൻ കളത്തിങ്കൽ ടി കെ ഭാരതി സിന്ധു ടി ഗാധരൻ മുറിവുകളിൽ നിന്ന് രക്തം വാർന്നുലിക്കുമ്പോൾ ചുണ്ട് കടിച്ചമർത്തി തലയുയർത്തി വിരക്തിയുടെ പടച്ചട്ടയിട്ട് വലിച്ചു മുറുക്കി നിസംഗതയുടെ മൂടൽമഞ്ഞ് പോലത്തെ മൂടുപടം തലവഴിയിട്ട് മൂടി ആമയായിരുന്നു ഞാൻ ഹൃദയം മരവിച്ച് പ്പോൾ അവിടെ ഇനി ചലനമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചപ്പോൾ നീ മുൻപിൽ വന്നു മണ്ണിൽ തൊട്ടുനിൽക്കുന്ന മാനത്തിൻ്റെ ഹോമനമഴവില് കവിത പോലെ മനോഹാരിണി പ്രേമഗാനം പോലെ ഹൃദയസ്പർശിനി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ആരെയും കാണുന്നില്ലല്ലോ കേറന്ന് അകത്തേക്ക് പോയാലോ നിന്നു നിന്ന് പരങ്ങണത് വീടറിയാ സംശയിച്ചു നിക്കുന്നത് എന്തിനാ വീടറിയാം നല്ല പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് നിന്നതാണ് ഈ വീട്ടില് പരിചയക്കാരുണ്ടാവൂല്ലേ ആ ഒരാളെ അറിയും ആരായിട്ടാ പരിചയം ഏട്ടനായിട്ടോ അനിയനായിട്ടോ ഏട്ടനും അനിയനൊന്നുമല്ല ഒരു വക്കീലിനെ അറിയും വക്കീലോ അങ്ങനെ ഒരാളില്ലല്ലോ ഇവിടെ ഏ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉണ്ട് ഒരു സ്ത്രീ അവിടെ സ്ത്രീകൾ ആരുല്ല ഏട്ടനും അനിയനും കല്യാണം കഴിച്ചിട്ടും നോക്കൂ ആ പാട്ടുകയറ്റുള്ള വീട്ടിലെ കാര്യ ഞാൻ പറഞ്ഞത് ശാരദമ്മ ശാരദക്കുട്ടിയോ അങ്ങനെ വരട്ടെ ഇപ്പോ ഇവിടെ താമസിക്കണവരെയാണ് നിങ്ങൾക്ക് പരിചയം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോ ഇവിടെ അവരല്ലേ താമസിക്കുന്നത് ശാരദ ഇവിടെ പോയി വീട് മാറിയോ ഈ നാട്ടുകാരനല്ലേ നിങ്ങൾ ഈ നാട്ടുകാരൻ തന്നെ കൊറേ കാലായിട്ട് ദൂരെയായിരുന്നു പറയൂ ശാരദ നല്ലൊരു സമ്പ്രദായമുള്ള കുട്ടിയായിരുന്നു പഠിച്ച പെൺകുട്ടികളുടെ തണ്ടും ഭാവമൊന്നും ഇല്ല ആ പാവത്തിന് അവരിപ്പെവിടെയാന്ന് പറയൂ ഗോവയിലോ മറ്റോ ജയിലിലാണെന്നും ൊക്കെ കേട്ടു ജയിലിലോ തങ്കം പോലത്തെ കുട്ടിയായിരുന്നു അങ്ങേരങ്ങോട്ട് മരിച്ചേപ്പോ ആര് ശാരദയുടെ അച്ഛൻ കൃഷ്ണൻ ശാരദയുടെ അച്ഛൻ കൃഷ്ണൻ ഹാ അതെ ഒരു കാലഘട്ടം ുംഹാത്മാഗി പോ അച്ഛ എന്നെ തടയരുത് രാജ്യത്തിന് എന്നെ ആവശ്യമുണ്ട് ഇനി ഞാൻ അടങ്ങിയിരുന്നു നീ വക്കീൽ പോട്ടിട്ടിട്ട് ഒരു കൊല്ലം പോലും ആയി പോകല്ലടാ അച്ഛൻ കേൾക്കണില്ലേ രാജ്യം തിളച്ചു മറിയുകയാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അച്ഛൻറെ നിനക്ക് എന്ത് പറ്റി പോയി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പണിക്കാരനാകാൻ എന്നെ കിട്ടില്ല എന്നെ തടയരുത് അച്ഛ അമ്മേ ഞാൻ ഞാനുണ്ട് കൂടെ വരൂ നിനക്ക് മുപ്പത് വയസ്സായിട്ടില്ലേ നമ്മുടെ വക്കീലെ അറസ്റ്റ് ചെയ്തു നിയമലംഘനത്തിന് ഇത് ദോദര പണിക്കരുടെ വീടാണോ അതെ നിങ്ങൾ ആരാണ് അയാൾക്ക് അറസ്റ്റ് വാറൻറ് ഉണ്ട് അറസ്റ്റ് വാറന്റോ എന്റെ മകനോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അവൻ എന്ത് കുറ്റം ചെയ്തു നിയമലംഘനം ഏ അറസ്റ്റിലായി അയാൾ എവിടെ വരൂ വരൂ അകത്തേക്ക് വരൂ പറയൂ നിങ്ങൾക്ക് എന്ത് വേണം എത്ര വേണം ഞാനെൻറെ അച്ഛനാണ് അവന് വേണ്ടി ഞാൻ എന്തും നൽകും ഞാൻ നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് അത് സാധ്യമല്ല ഇൻസ്പെക്ടർ എൻറെ ഏക മകനാണവൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അളവില്ലാത്ത സ്വത്തുക്കൾ ഭാവിയിൽ പരിപാലിക്കേണ്ടത് അവനാണ് ഞാൻ വിട്ടുതരില്ല പകരം നിങ്ങൾ എന്തും പറഞ്ഞോളൂ എന്റെ മകനു വേണ്ടി ഞാൻ എന്തും തരും സംശയിക്കണ്ട പറയൂ ഇൻസ്പെക്ടർ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം വിശ്വാസമല്ല പണമാണ് വിഷയം തരാം ഇതാ എണ്ണി നോക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ഉണ്ട് ശരി ഈ കരാറ് മൂന്നാമതൊരാൾ അറിയരുത് ഞാൻ ഉറപ്പു തരുന്നു എന്റെ മകൻ പോലും ഇത് അറിയില്ല നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ യാതൊരു വിഷമവും ഉണ്ടാവില്ല ാലത്തേക്ക് ഈ നാട്ടിൽ അവനെ ആരും കാണുകയില്ല പോരേ ആരെങ്കിലും നിങ്ങളുടെ മകനെ കണ്ടാൽ എല്ലാവർക്കും അത് ആപത്താണ് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കട്ടെ നിങ്ങൾക്ക് ധൈര്യമായി പോകാം ഇൻസ്പെക്ടർ ദാമോ ദാമോ ദാമോ എവിടെ ഇവൻ ഹാ ഹാ ഇവിടെ ദാമോ ോട് മറുത്തൊന്നും പറയരുത് നീ എനിക്കൊരേ ഒരു മകനാണ് ഈ കാണുന്ന സ്വത്ത് മുഴുവൻ നിനക്കുള്ളതാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതിന് തുമ്പില്ലാതാകാൻ ഞാൻ സമ്മതിക്കില്ല നീ ഇപ്പോൾ എന്റെ കൂടെ വന്നേ പറ്റൂ അച്ഛൻ ക്ഷമിക്കണം ഈ അവസരത്തിൽ എനിക്ക് അച്ഛനോടൊപ്പം എങ്ങോട്ടും വരാൻ കഴിയില്ല എങ്കിൽ ഞാൻ ഇങ്ങനെ എനിക്ക് ഒരാളെ കാണണം അയാളോട് പറഞ്ഞതിനു ശേഷം ഞാൻ വരാം അച്ഛനേക്കാൾ നിനക്ക് വലുത് ഏതാളാണ് എനിക്ക് കൃഷ്ണൻകുട്ടി കാണണം അദ്ദേഹത്തോട് പറയാതെ എനിക്ക് ഇവിടം വിടാൻ സാധ്യമല്ല അത് സാധ്യമല്ല മോനെ എന്തുകൊണ്ട് അയാൾ ഇന്നലെ അറസ്റ്റിലായി നിയമലംഘനത്തിന് ഓ അപ്പോ അതാണ് കാര്യം ഇത് വലിയ ചതിയായി പോയ എനിക്ക് എൻറെ മകനെ നഷ്ടപ്പെടാൻ വയ്യ രാജ്യം നമ്മളെക്കാൾ വലുതാണ് അച്ഛാ ആയിരിക്കാം പക്ഷേ എനിക്ക് നിന്നേക്കാൾ വലുതായിട്ടൊന്നുമില്ല നീ പോവുകയാണെങ്കിൽ പോകൂ പക്ഷേ സത്യമായും അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഇതെന്തൊരു പരീക്ഷണമാണ് ഞാൻ എന്തു ചെയ്യണം എന്റെ കൂടെ വരണം ഉച്ചവണ്ടിക്ക് തന്നെ നമുക്ക് നാട് വിടണം ഇത് ശെരിയല്ല ഇത് മാത്രമാണ് ശരി വരൂ മോനെ പറഞ്ഞതനുസരിക്കൂം വിളക്ക് കത്തിച്ചു കൊണ്ടുവരിക അവരി മരുമകളെ കൈപ്പിടിച്ച് കയറ്റണം കയറി വരുമോളെ ഇത് ഈ നിന്റെ വീടാ ദാമു മോനെ എത്ര കാലായി കണ്ടിട്ട് ആറു മാസം അത്ര വലിയ കാലമല്ലോ അമ്മേ ഏതായാലും ഞങ്ങൾ ഇന്ന് മോനെ ഇങ്ങടുത്തു വാ മോനെ ഇനി മില്ലൊക്കെ നീ കൊണ്ടു നടക്കണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അയ്യോ അയ്യോ എന്റെ ദൈവമേ ആൺകുട്ടിയാണ് കേട്ടോ ഹലോ മിസ്റ്റർ കൃഷ്ണൻ കുട്ടി മേനോൻ നിങ്ങളുടെ രണ്ടു വർഷത്തെ തടവശിഷ കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ സ്വതന്ത്രനാണ് ദാമേത് ജയിലിലായിരിക്കുമോ ഒന്നും അറിഞ്ഞില്ല അയാളെയും വിട്ടിരിക്കോ അതെ ദാമോദരപ്പണിക്കർ എന്നൊരാളെ എന്നോടൊപ്പം അറസ്റ്റ് ചെയ്തിരുന്നില്ലേ അദ്ദേഹം ഇപ്പെവിടെയാണെന്ന് പറഞ്ഞു തരാമോ ദാമോദരപ്പണിക്കരു ദാമോദർ മിൽസിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ പേരും അന്നാ ലിസ്റ്റിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ദാമോദരപ്പണിക്കരുടെ പേര് ഇല്ലായിരുന്നു പോലീസിന് ഈ നാട്ടിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നായിരുന്നു റിപ്പോർട്ട് അദ്ദേഹം നാട് Activate... Oh... ും തിരിച്ചെത്തില്ലാവോ തിരിച്ചെത്തിൽ ഒന്നര വർഷമെങ്കിലുമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും ലാഭമുള്ള മില്ല് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതാണ് അച്ഛൻ മരിച്ചതിനു ശേഷം പണിക്കർ തന്നെയാണ് അത് നടത്തുന്നതെന്നാണ് കേട്ടത് നല്ല പിടിപാടാണ് കേട്ടോ ഓഹോ ജയിലിന് പുറത്തായിട്ടും ദാമു എന്നെ അന്വേഷിക്കാതിരുന്നെന്തുകൊണ്ടാവും ആട്ടെ അവനെ കാണണം സമരത്തിൽ നിഴൽ പോലെ കൂടി ഉണ്ടായിരുന്നു ണം നിങ്ങളാരാ എനിക്ക് ദാമൂനിയൊന്ന് കാണണമായിരുന്നു അവനെവിടെയാ ഓ ശരി വിളിക്കാം അല്ല ആരാന്നാ പറയണ്ടേ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞോളൂ മുമ്പ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നേ സ്വാതന്ത്ര്യസമരകാലത്ത് ഓ ശരി സാർ ഇപ്പൊ വിളിക്കാം ഇരിക്കൂട്ടോ ആര് അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കൃഷ്ണൻകുട്ടി ഞാൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞേക്കു ട്ടോ ശരി അതെ എന്റെ പഴയ ദാമും മരിച്ചു മില്ലുടമസ്ഥനായ ദാമോദര പണിക്കരാ അങ്ങനെ ഞങ്ങളുടെ വഴി രണ്ടായി ഇനീ അമേന്നെ നമുക്കൊരു പത്രം തുടങ്ങിയാലോ ശരിയാ അനേവികൾക്കെതിരെ പോരാടാൻ ഒരു പത്രം സ്വന്തമായിട്ട് വേണം ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഞാൻ തന്നെയാ പറയോ മറ്റൊരാളുടെ പേരാണ് പത്രത്തിലുള്ളത് ആരാത് ദാമോദരപ്പണിക്കര ഞാൻ കോൺഗ്രസിന് രാജിവെക്കിട്ടു പി എസ് പി യിൽ ചേരുക പ്രിയപ്പെട്ട നാട്ടുകാരെ വോട്ടർമാരെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ പി എസ് രേഖപ്പെടുത്തുക ബി എസ് പി സ്ഥാനാർത്ഥിയായ സ്വാതന്ത്ര്യ സമര സേനാനി കൃഷ്ണൻകുട്ടി മേനോനെ വിജയിപ്പിക്കുക പ്രിയമുള്ളവരെ കോൺഗ്രസിന്റെ മുന്നണിപ്പടയാളി ശ്രീ പണിക്കർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി സ്വതന്ത്ര ഭാഷനത്തിന് രാഷ്ട്രീയ വ്യവസായ സാമ്പത്തികത്തിന് സ്വാതന്ത്ര്യമായ അമരത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വൻ സ്ഥാനാർത്ഥിയായി എനിക്ക് നിങ്ങളുടെ ഓരോ വോട്ടും നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഓരോ വോട്ടർമാരോടും അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട വോട്ടർമാരെ നാട്ടുകാരെ കോൺഗ്രസിന്റെ കർമ്മസാരഥി ശ്രീ ദാമോദരപ്പണിക്കാർ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്ന വിവരം നന്ദിപൂർവ്വം സ്നേഹപൂർവം അറിയിക്കുകയാണ് എപ്പോഴും ഈ നശിച്ച രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ഒരു കൂട്ടുകാരനോട് തോറ്റിട്ടും തീർന്നില്ല ഞാനും കുട്ടികളും എങ്ങനെ കഴിയുന്നു അന്വേഷിച്ചിട്ടുണ്ടോ വീട്ടിന്റെ കാര്യം എന്ത് പറഞ്ഞാലും ഇവരടവാ ഒരക്ഷരം ശബ്ദിക്കില്ല കൂട്ടത്തില് നശിച്ച ഈ പത്രം എന്തെങ്കിലും ഒരു മെച്ചമുണ്ടെങ്കിൽ തറക്കേടില്ലായിരുന്നു എന്റെ ദേവി എനിക്ക് മതിയായി ആദ്യായി ഇരുന്നൂറ് രൂപ കയ്യിൽ കിട്ടുകയാണ് കൃഷ്ണകുട്ടിയുടെ മകളല്ലേ നല്ലോണം സഹായിക്കണമെന്നുണ്ട് വിചാരിക്കണ പോലെ ഒന്നും നടക്കണില്ല വാദിക്കാനല്ലേ കുട്ടിക്ക് വിഷമള്ളൂ ഇത് എളുപ്പവും ഞാൻ എന്ത് ചെയ്യണം വാദിക്കുകയും പ്രശ്നിക്കുക ഒന്നും വേണ്ട ഒരു മൂന്ന് രണ്ടുമൂന്നാഴ്ചയ്ക്കുള്ള പണിയുണ്ട് ഈ കണക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് ചെയ്യണം അത്രേ തന്നെ വലിയ പണിയില്ലാതെ നല്ല വീസും കിട്ടും കൃഷ്ണൻകുട്ടിയുടെ മകൾ കൃഷ്ണൻകുട്ടിയുടെ മകൾ വല്ലാത്ത ദയ തന്നെ ആ ചതലെടുത്ത് കണക്ക് വേറെ ആരും നോക്കാനില്ലാത്തോണ്ട് എന്റെ തലയെ കെട്ടിവെച്ചു കൃഷ്ണൻകുട്ടിയുടെ മകൾക്ക് വേറെ ഗതിയില്ലെന്നറിയാ വേണ്ടെന്ന് പറയൂല്ല ഞാൻ എന്തിനെ ഒരു കേസില്ല വക്കീലായിട്ട് ദൈവമേ എനിക്ക് വക്കീലാകാൻ ഇഷ്ട പിന്നെ എന്താ നിനക്കിഷ്ടം എനിക്ക് പോണം എന്നിട്ടോ എനിക്ക് സാഹിത്യം പഠിക്കുന്നതാണ് ഇഷ്ടം ഏതെങ്കിലും കോളേജിൽ പണി കിട്ടും ഒരു കോളേജ് ടീച്ചർക്ക് എന്ത് കിട്ടാനാ കൂട്ടി നിന്നെ പോലെയുള്ള കുട്ടികള് ബി എല്ലിനാ പോകേണ്ടത് എനിക്കിഷ്ട ഞാൻ സാഹിത്യം പഠിക്കട്ടെ അച്ഛാ നീ ബി എല്ലാ മതി എനിക്കത് പഠിക്കാൻ വയ്യാനേ പോ ർത്തനം നാശത്തിൻ്റെ പ്രചണ്ഡ താണ്ടം വളരുകയും ചുരുങ്ങുകയും ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ തുടുപ്പുകൾ താളം പിടിക്കുമ്പോൾ കാലം അജ്ഞാതമായ അപാരതയിലേക്ക് അനാദിയായ നിഗൂഢതയിലേക്ക് അതിൻ്റെ നിർവികാരമായ തിരിച്ചുവരവില്ലാത്ത വഴി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യുഗയുഗങ്ങളുടെ ചരിത്രങ്ങൾ നിർത്തിയ യവനികയ്ക്ക് മുൻപിൽ നിത്യമായ മരണമേ അങ്ങോ നിന്ന് നൃത്തം ചെയ്യുന്നു നിത്യമായ നിനക്ക് ഒരു കൂട്ടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏത് പുസ്തകമാണ് വിചാരം നീ മുറ്റത്തേക്ക് നോക്ക് നീ കോടതിയിലേക്ക് സൈക്കിളിൽ പോയാ മതി ഈ നാട്ടിൽ ആദ്യായി സൈക്കിള് ഓടിക്കണ സ്ത്രീ എന്റെ മകളാ സൈക്കിളിൽ റോഡിലൂടെ പോകാനോ ആളുകൾ ആളുകൾ പോകാൻ പറ കിഷൻകുട്ടി മേനോ എന്റെ മകള് എനിക്ക് ഞാനില്ലേ ആകാൻ പറ്റൂ നീ ധിക്കാരം പറയണു എനിക്കറിയാം പഠിപ്പൊ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ ഇനി അച്ഛൻ എന്തിനാ അച്ഛന്റെ എന്ത് പ്രസക്തി അച്ഛൻ എന്താണ് ഞാൻ സൈക്കിളിൽ പോകണെന്ന് ശരി നാളെത്തന്നെ തുടങ്ങി കളയാം പോരെ പെണ് സൈക്കിളിൽ വരുന്നതാ നോക്കണ മാറിക്കോളാ ൾ കേടുവന്നത് എത്ര നന്നായി ഇങ്ങനെ കയ്യും വീശി വെറുതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കാലോ ആ റീഡേഴ്സ് ബുക്ക് സ്റ്റാൾ കൊള്ളാവുന്ന പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ട് എത്ര കാലായി രാധേ നമ്മുടെ ശാരദ എവിടെ അത് ചോദിക്കണ്ടോ അവൾ ലൈബ്രറിയിൽ കാണും മെമിലെ ഇവളെന്താ ഇങ്ങനെ വായിച്ചു കൂട്ടുന്നത് അവൾ വായിക്കാത്ത കഥകളില്ല കവിതകളില്ല കളിയാക്കണ്ട ഇരുട്ടിലും ഇരുട്ടായ നിത്യജ്യോതിസേ വെളിച്ചത്തിന്റെ വെളിച്ചമായ അന്ധകാരമേ ഒരു കാലം പച്ചച്ച ഭൂമിയിൽ ഒരു കാലം കത്തുന്ന സൂര്യനിൽ എന്റെ തലയിലും ത്രിവിക്രമാ കാൽ എന്റെ തലയിലും ഉണങ്ങി വരേണ്ട നിയമപുസ്തകങ്ങളാണ് ഇപ്പോൾ കൂട്ട് ഇന്ന് ബുക്ക് സ്റ്റാളിൽ ഒന്ന് കയറണം ഇതാ ഷേക്സ്പിയർ My My fly up. thoughts thoughts remain below. Wades without ഫ്ലൈ അപ്പ് മൈ തോട്ട്സ് റിമൈൻ ബിലോ വേർഡ്സ് വിതൗട്ട് ഗോ കോവാസ് ഡൈ മെനിസ് ബിഫോർ ദർ വാലിയൻസ്റ്റ് ഓഫ് ബട്ട് വൺസ് അദ്ദേഹം എഴുതിയ ഓരോ Caesar, Brutus, Romeo, Juliet, Hamlet, <laughs> Lady Macbeth. മാക്ബത്ത് ഇതാ ഇവിടെയുണ്ട് എന്റെ കൺമുന്നിൽ ഈ പുസ്തകത്തിൽ പുസ്തകങ്ങളുടെ ലോകം എത്ര സുന്ദരമാണ് പക്ഷെ എന്റെ വീട് രണ്ടു മാസമായി വാടക പിന്നെ വിചാരിച്ചിട്ടാണ് പണക്കാർക്കുള്ളവ കൃഷ്ണൻകുട്ടി മേനോന്റെ മകൾക്ക് എത്ര ഫീസ് കിട്ടിയാലും പുസ്തകങ്ങൾ വാങ്ങാൻ അവകാശമില്ല എങ്ങനെ ഇവിടെ നിന്നൊന്ന് കിടക്കും ഒന്നും ഞാൻ നോക്കിയ പുസ്തകം ഇവിടെ കണ്ടില്ല ഏത് അതൊന്നും അത്യാവശ്യമൊന്നുമില്ല ഉണ്ടെങ്കിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു മാത്രം തരാൻ ഒരു വിഷയമില്ല ഇനി എപ്പോഴെങ്കിലും കൊണ്ടുപോകാല്ലോ ശാരദ ആ പുസ്തകം ഇന്നലെ കൊണ്ടുപോയത് ഞാനാണ് ഞാൻ മുമ്പ് തന്നെ വായിച്ചിട്ടുള്ളതാ കളക്ഷൻ കംപ്ലീറ്റ് ആക്കാനാണ് വാങ്ങിയത് വേണമെങ്കിൽ എടുക്കുന്ന ഒരു വിരോധമില്ലാട്ടോ വേണോന്നില്ല എന്നിട്ടാണോ ഇത്രയും നേരം തിരഞ്ഞത് ആട്ടെ എന്നെ മനസ്സിലായോ ദാമോദര പണിക്കരുടെ മകൻ അതായിരിക്കാം പക്ഷേ ഞാൻ ഭാസ്കരമേനോനാണ് ഈ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു വായനയും ക്രിക്കറ്റും ആണ് ഇഷ്ടങ്ങൾ എനിക്ക് എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും എനിക്കറിയാം നമ്മുടെ അച്ഛന്മാർ തമ്മിലുള്ള ബന്ധം അത്ര സുഖകരല്ല പക്ഷേ അത് നമ്മെ ബാധിക്കേണ്ട കാര്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ തമ്മിൽ എന്തിനു സംസാരിക്കണം അത് ശരിയാണ് നമുക്കത് വിട്ട് കളയാധികം ഒന്നും വായിച്ചിട്ടില്ല അതും ഈയിടെയായി ഒന്നും വായിക്കാറില്ല ശാരദക്ക് ഈ ജോലി അല്ല ചേരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്ങനെ തോന്നി കേസില്ലാത്ത വക്കീലായത് കൊണ്ടാണോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ എന്തോ ഒരു പൊരുത്ത കേട് ശരിയാണ് എനിക്ക് കോളേജ് ടീച്ചറാകാനായിരുന്നു ഇഷ്ടം ഞാനും ആ വഴിക്കാണ് നമുക്ക് ഒരുമിച്ച് നടക്കാം ശാരദിനെ ഇഷ്ടപ്പെട്ട റൈറ്റർ ആണല്ലേ എങ്ങനെ മനസ്സിലായി എന്റെ റൈറ്ററും എന്നാൽ ശ്രദ്ധിച്ചു കേൾപ്പിനും അവസാനമായി പറയുകയാണ് ഞാൻ എന്റെ അച്ഛന്റെ രക്തം ചിന്തിയിട്ടില്ല ഞാൻ ശിക്ഷ സ്വീകരിക്കുന്നു ും അപരാധിയാണ് ഒരുവേള എനിക്കും അച്ഛൻ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഞാൻ സത്യം ചെയ്യുന്നു നീ വിചാരിക്കും പോലെ കുറ്റവാളിയല്ല ഞാൻ നാളെ വിചാരണ സമയത്ത് ഞാൻ എനിക്കെതിരായി തെളിവ് കൊടുക്കും എനിക്ക് ദൈവത്തോട് ഇതിർപ്പൊന്നുമില്ല വാസ്തവത്തിൽ ദൈവം ഒരു സങ്കല്പ സൃഷ്ടി മാത്രമാണ് എന്നാൽ അത് ആവശ്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പ്രപഞ്ചത്തിന്റെ ക്രമീകരണത്തിനും മറ്റും ദൈവമില്ലെങ്കിൽ പുതുതായി ഒരു ദൈവത്തെ കണ്ടുപിടിക്കണം കോളിയ എന്റെ വീട്ടിലേക്കുള്ള വഴി തിരിയാറായി ഓ ശരി നാളെ കാണാം നമസ്കാരം നമസ്കാരം എന്തൊക്കെയാലും ഭാസ്കരമേനോൻ ദാമോദര പണിക്കരുടെ മകനാണ് ആ പുസ്തകം വേണ്ടെന്ന് ഉറപ്പിച്ചു പറയായിരുന്നു സാരിയാണ് പിടിക്കല്ലേ ഓ നാളെ കൊടുക്കേണ്ടതല്ലേ ഗോപാലൻകുട്ടി ഇന്ന് മരുന്ന് കുടിച്ചോ അവന്റെ മരുന്ന് തീർന്നിരിക്കാ ഒന്ന് മാറും കുട്ടിയെ അവള് വന്ന് കേറുമ്പോഴേക്കും കൂടി ഇങ്ങനെ ചാരു ഈ മുറ്റത്തിങ്ങനെ നിക്കണ്ട വന്നു കാപ്പി കുടിക്കേറ്റി മോളെ ഞാനങ്ങട് വരികയായിരുന്നു അമ്മേ ഈ ലോട്ടയില് കാപ്പിണ്ട് ചൂടാറാണ്ട് അത് കുടിച്ചോളൂ ഞാനെന്താ കൊണ്ടുവന്നിരിക്കണെന്ന് പറയാമോ രൂപ വല്ലതുണോ മോളെ നന്നായി ആ പാൽക്കാരൻ രണ്ടാവശ്യം വന്നു ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല ഇരുന്നൂറ് രൂപ വാടകയും കൊടുക്ക എന്റെ ദേവി അമ്മ ഞാൻ ഇവിടെ ഇണ്ട് വല്യ മുല്ലമാല കോർക്കുക എവിടെന്ന് കിട്ടി ഇത്രയ്ക്കും മുല്ലമുട്ട് വടക്കേലും വത്സരയുടെ വീട്ടിൽ മാല ഇട്ടിക്കഴിഞ്ഞ വല്യേച്ചു ഒരു കഷ്ണം തരാം ഇവളൊരു കൊച്ചു സുന്ദരിയാണ് അതിന്റെ അഹങ്കാരം ഉണ്ട് ഞാൻ നിന്റെ മുടി പിന്നെ തരാം ഓ ഞാൻ പിന്നീട് നിനക്ക് പരിഷ്കാരം പിടിക്കില്ലായിരിക്കും അല്ലേ ഏയ് രാത്രിയല്ലേ അതൊന്നും സാരില്ല ദാ റിബൺ മുറുക്കി പിന്നണേ ശരി ശരി ദാ ഈ കഷ്ണം വല്യ ഞാൻ ചേച്ചിയുടെ തലയിൽ വെച്ചു മുടി അസലായിട്ട് വാസനിക്കും വേണ്ട മോളെ അതിങ്ങട് തരൂ ഒരു കാര്യണ്ട് നീ എവിടെയാണ് ഞാൻ പാത്രം ഓറി കഴിഞ്ഞില്ലല്ലോ വലിയ ചേച്ചി ഓ നിനക്കെപ്പോഴും അടുക്കളപ്പണി തന്നെ ഇങ്ങോട്ട് വരും മോളെ എന്തേലും വേണോ ചേച്ചി പണി തീർന്ന മോളെ അരി അടുപ്പത്താ വാർക്കാൻ ഇത്രയൂടി സമയുണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞു നിനക്ക് ഈ മുടിയൊക്കെ ഒന്ന് ചീന്തി പിന്നിട്ടെന്താ മോളെ അതിനൊക്കെ ഞാൻ പിന്നിത്തരാ എങ്ങനെ ഇരിക്കുന്നു നോക്കാലോ എന്തൊരു നല്ല തലമുടിയാ നിന്റെ അത് മാത്രല്ലേ ഉള്ളൂ ബാക്കിയെല്ലാരും വെളുത്തപ്പോൾ ഇവൾ മാത്രം എന്തിനു കറുത്തുപോയി പല്ലുപൊന്തി എല്ലുന്തിയ കോലം സൗന്ദര്യമില്ലെങ്കിലും ബുദ്ധിയെങ്കിലും ഉണ്ടാവായിരുന്നു തോറ്റുതോറ്റ് അടുക്കള മൂലയിലേക്ക് തള്ളപ്പെട്ട വീട്ടുമുർഗം പാരവണ്ടിക്ക് കെട്ടിയ എരുമക്കിടാവ് വല്യേച്ചി വല്യേച്ചി എന്താ മോളെ വല്യച്ചെന്താ പറ്റിയത് എന്താ ആലോചിക്കണ നിനക്ക് പഠിക്കായിരുന്നില്ലേ മോളെ അതിനെനിക്ക് ബുദ്ധി വേണ്ടന്റെ വല്യേച്ചി എനിക്ക് അതൊന്നും വിധിച്ചിട്ടില്ല എന്റെ ലോകം ഈ അടുക്കള തന്നെയാ അങ്ങനെയൊന്നുമില്ല മോളെ വാ നിന്റെ മുടിയിൽ ചേച്ചി പൂജരാ എന്തിനാ ചേച്ചി എന്തൊരു ഭംഗിയാണ് മുടി പിന്നീട്ട് പൂജ ഓടിയാൽ കൊച്ചേച്ചി കൊച്ചേച്ചി കൊച്ചേച്ചി എവിടെ പോയിരിക്ക എന്താ വേണ്ടത് പത്മിനി ആ കൊച്ചേച്ചി ഇവിടെ അണിഞ്ഞരിഞ്ഞി നിക്കണം അരിവെന്തോ അതിന് അമ്മ പറഞ്ഞു വേഗം വന്ന് വാർക്കാൻ അല്ലെങ്കിലേ ചോറ് ചീത്തയാവൂന്ന് നിനക്ക കട ചെന്ന് വാർത്താൽ എന്താ എനിക്ക് വെളക്കത്തിക്കണം നേരക്കത് മാധ്യമില്ല ചേച്ചി ഉമ്മറടിച്ചിട്ടില്ല ले ले ले ले ले ले ോ അടങ്ങി നിൽക്ക് പത്മിനിയമ്മേ ആദ്യം ചെന്ന് അരി അങ്ങോട്ട് വാർക്കുക എനിക്കറിയില്ല വല്യച്ചി അടുപ്പത്തുന്ന് ചെമ്പു വാങ്ങി പാത്തിയുടെ മോളിൽ വെച്ച് ചെരിച്ചു പിടിക്കുക അതാണ് പണി ശരിക്കും അറിഞ്ഞൂടാ വല്യച്ചി അറിയണല്ലോ അരി വാർത്ത കഴിഞ്ഞേ ചൂലെടുത്ത ഉമ്മറൊക്കെ അടിക്ക് അപ്പഴേക്കും കൊച്ചേച്ചി വരുംട്ടോ ഷോ അവള് കയ്യും കാലം ഒക്കെ പൊള്ളിക്കൻ്റെ വല്യച്ചി ഒന്നും പൊള്ളിക്കില്ല അരി വാർക്കാൻ കൽപ്പിക്കാൻ വന്നിരിക്കുന്നു അവളെ ഒന്നും പറയല്ലേ ചേച്ചി പാവം അതെ ഒന്നും പറയരുത് എന്തെങ്കിലും പറഞ്ഞാൽ അനിയത്തിമാരുടെ മുഷ്കു കൂടി സഹിക്കേണ്ടി വരും നിനക്ക് എനിക്കറിയാം സാരില്ലേ എനിക്ക് വിഷമൊന്നുമില്ല വല്യേച്ചി വിഷമിക്കണ്ടോ വിഷമിച്ചിട്ട് എന്താ കാര്യം ഇതിൽ നിന്നൊന്നു പുറത്തു കിടക്കാൻ നിനക്കൊരു മാർഗമല്ലേ മോളെ എനിക്ക് മാത്രല്ല ചേച്ചിക്കും നിവർത്തിയൊന്നും അതെ മോളെ മാറാലെ പോലെ നനത്ത നാരു കൊണ്ട് കൈകാലുകൾ കെട്ടിക്കിടക്കാണ് പൊട്ടിച്ചിറങ്ങാൻ ഒരു വഴിയില്ല എന്തൊക്കെയാ ഈ ചേച്ചി പറയണേ എനിക്കൊന്നും മനസിലാവണില്ല അയ്യോ നേരം പോയി ദീപം ദീപം ദീപം ഞാനൊന്ന് മേലു കഴുകി വരാമേ എല്ലാരും മേല് കഴുകിയില്ലേ എന്നാ വന്നോളൂ ചോറുണ്ടാറായി അമ്മേ എവിടെ അനിയൻ അവൻ വന്നില്ലേ മണി എട്ടാവാറായല്ലോ അനിയൻ ചേട്ട് സിനിമക്ക് പോയിരിക്ക എന്തിനാ അമ്മേ ഇന്നു ആണോ കൊടുത്തത് മിനിഞ്ഞാന്നല്ലേ അവൻ സിനിമക്ക് പോയത് ഞാൻ കൊടുത്തിട്ടില്ല മോളെ എന്നോടൊട്ട് ചോദിച്ചിട്ടുമില്ല ആ അച്ഛനാണ് രാമൻകുട്ടി മിണ്ടാതിരിക്കേ ഇനി അത് കേട്ട് രേള കൂടെ നിക്കണ്ട രക്ഷയില്ല പാത്രത്തിന്റെ വർത്തമാനം തന്നെ എന്തൊരു ക്ഷീണം പ്രഭാകരൻ പോയതിനു ശേഷം ആകെ വയ്യ രാട്ടി ഞാനൊരല്പം ഒന്ന് കിടക്കട്ടെ ശരിയ അമ്മാവ് വിശ്വനിക്ക് ഇന്നത്തെ വാർത്തകളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ പോയിട്ട് നാളെ വരാം ആരാത് ചാരുവാണോ അതെ ഒരു ഗ്ലാസ് ചൂടുള്ള ചുക്കൊള്ളും ഇട്ട് തരാൻ പറയൂ ഇപ്പൊ കൊണ്ടുവരാം അച്ഛനെന്താ ക്ഷീണുണ്ടോ ആ ഇപ്പൊ ആശ്വാസമുണ്ട് വല്ലാതെ പണിയെടുത്തിട്ടാണ് ആരോഗ്യകാര്യത്തിൽ അച്ഛൻ ശ്രദ്ധിക്കണേയില്ല പത്ര എന്ന് പറഞ്ഞിങ്ങനെ മരിച്ചിട്ടാണ് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഗ്രൗണ്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അച്ത കുറുപ്പ പ്രസംഗിക്കുന്നതേ നീ ഒന്നു പോണം രാമൻകുട്ടി പോവില്ലേ അവൻറെ കാര്യൊന്നും പറയണ്ട അവൻ മാത്രം പോയത് കൊണ്ട് ഒരു വിശേഷവും ഇല്ല അവനും നിന്റെ കൂടെ വരും റിപ്പോർട്ട് നീ എഴുതിയാലേ ശരിയാവൂ നിന്റെ ഭാഷയ്ക്ക് ശക്തിയുണ്ട് മറ്റന്നാളത്തെ പേപ്പറിൽ അച്ചടിച്ച് വരണം പൊളിച്ചു വിടണം അവരെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ തീരെ താല്പര്യമില്ല അതെ നിനക്ക് താല്പര്യം ഇല്ല നിനക്കുവല്ല കഥയും കവിതയും കുത്തി കുറിച്ചിരിക്കാൻ ആ താല്പര്യം നിന്നെ കഷ്ടപ്പെട്ട് ബി എല്ലിന് പഠിപ്പിച്ചത് ഇങ്ങനെ സ്വപ്നം കാണാനല്ല കേസുള്ള വക്കീലായില്ലായാലും ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെങ്കിലും നടത്തൂലോന്ന് വെച്ചിട്ടാ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇങ്ങനെയൊരു പത്രം നടത്തിക്കൊണ്ട് നീ എന്താ ഒന്നും ഇണ്ടാത്തത് അച്ഛനു വേണ്ടി നീ പോയില്ലേ മോളെ ഞാൻ പോക അച്ഛ മറക്കരുത് ശരി ഇതാ നിങ്ങൾ ആഗ്രഹിച്ച പുസ്തകം തിരിച്ചു തന്നാൽ മതി എനിക്കത് എഴുതാറുണ്ടോ ഒരു അപേക്ഷയുണ്ട് ഈ മിസ് ശാരദ എന്ന വിളി ഒന്ന് ഒഴിവാക്കാമോ പിന്നെ പറയൂ കവിതകൾ എഴുതാറുണ്ടോ ആര് പറഞ്ഞു കണ്ണുകൾ എന്താണ് മിണ്ടാത്തത് നല്ല ആള് തന്നെ ഒരു മണിക്കൂറായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു മീറ്റിംഗ് അഞ്ചു മണിക്ക് തുടങ്ങുമെന്ന് അമ്മാവ് പറഞ്ഞിരുന്നല്ലേ ഇപ്പോൾ സമയം എത്രയായി അഞ്ചര മണി ഞാനിതാ വരണു മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ വൈകി ഇനി മാറിയിട്ടും കർഷകന്റെ ദീനരോധനം മാറുന്നില്ല മണ്ണിൽ പണിയെടുക്കുന്നവന് മണ്ണിൽ അവകാശമില്ല ധാന്യം വിളയിക്കുന്നവന് പട്ടിണി മാത്രം കർഷകന്റെ ജീവിതത്തിന് മാറ്റം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അവസാനിപ്പിച്ചു ഭൂമിയിൽ കാലുറപ്പിച്ച് ചവിട്ടാൻ നീ എന്നെ പഠിപ്പിച്ചു ചെളിയാവുമെന്ന് വെച്ച് നടക്കാതെ ഇരിക്കുകയായിരുന്നു ഞാൻ ഈ മണ്ണിന് അഴകുണ്ടെന്ന് അതിലെ വൃത്തി കേടുകൾ ശാര ശാരി പോരിപ്പാണിത് പ്രസംഗത്തിൽ ഇത്ര കണ്ടിൽ ലയിച്ചു പോയോ വീട്ടിൽ പോറ്റിംഗ് തീർന്നോ എപ്പോൾ ശാരദക്കെന്താ ഒരു ക്ഷീണം വൈകുന്നേരം കാപ്പി കൊടുക്കാൻ നമുക്ക് ഹോട്ടലിൽ കേറി ഒരു കപ്പ് കാപ്പി കഴിച്ചിട്ട് പോകാം വേണ്ട എന്നാ കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോളൂ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ വാ പോകോ എന്താ കാലിന് ആടെയും വെക്കുന്നു അത് മനസ്സിലായി എന്ത് പറ്റിയെന്നാ ചോദിച്ചത് ചേട്ടൻ ഫുട്ബോൾ കളിക്കുമ്പോളെ കാലു തല്ലിപ്പുട്ടി സാരമില്ലല്ലോ വോ സാരമുണ്ട് അധികം മുറിഞ്ഞിട്ടുണ്ടോ അവനവനാകുമ്പോ അധികം തന്നെയാ ഞാൻ ആളല്ല നിന്നോട് ചോദിക്കും പറഞ്ഞോ ചോദിക്കാരുമോളേ അങ്ങോട്ട് വരൂ പ്രസംഗം എങ്ങനെ തരക്കേടില്ലായിരുന്നു അയാൾ എന്താ പറഞ്ഞത് അയാൾ അത് നീ പോയില്ലയേ മീറ്റിംഗിന് പോയി എന്നിട്ട് എന്ത് കേട്ടുകൊണ്ടിരുന്നു അവിടെ രാമൻകുട്ടി ഉണ്ടായിരുന്നു അച്ഛൻ വന്നിരുന്നു എന്ന് പറയാനാണോ നിന അയച്ചത് നിനക്കൊരു ശ്രദ്ധയില്ലാതായപ്പോ ആരാ ഇവിടെയുള്ളത് അനിയനാണെങ്കിൽ ഒരു ലൂല രാമൻകുട്ടി ഉള്ളതുമില്ലാത്തത് ഒരുപോലെയാണ് നീ കൂടി ഇങ്ങനെ എനിക്ക് വലുതാണോ നിനക്ക് എന്നാ പിന്നെ നീ എന്തിനു പോയി തലവേദനയും കൊണ്ട് ആരെങ്കിലും പ്രസംഗം പുറപ്പെടുവോ പാവ എന്റെ കുട്ടി പോയി കിടക്കുമോളെ ഇത്ര പ്രായ ഇന്ന് പറഞ്ഞിട്ടെന്താ നിനക്ക് ഒരു വിവരവും ഇങ്ങനെ ആയാലോ അച്ഛ അവസാനം അതും സംഭവിച്ചു നിനക്കൊക്കെ തൃപ്തി ആയില്ലേ പത്രം പൂട്ടുന്നതിന്റെ കാരണം ഞാനല്ല അല്ലേ പിന്നെ ആരാണ് കഷ്ടപ്പെട്ടൊരു മകളെ പഠിപ്പിച്ചു വന്നപ്പോ അവൾ ഇതൊക്കെ നോക്കിക്കൊള്ളുമെന്ന് വിചാരിച്ചു കാര്യം കഴിഞ്ഞപ്പോ അവൾക്ക് പത്രവും വേണ്ട അച്ഛനും വേണ്ട കുടുംബവും വേണ്ട സ്വന്തം കാര്യം മാത്രം എത്ര സ്വാർത്ഥികളവരൊക്കെ ആരാണ് അച്ഛ സ്വാർഥികൾ അവളുള്ളത് കൊണ്ട് കഞ്ഞി കുടിച്ചു കഴിയണു പത്രം പത്രംന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിച്ചു കുടുംബവും തകർത്തു നിങ്ങളെ പറ്റി സ്കൂളിലേക്ക് ഇടാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് ദിവസം ഇല്ലാത്തത് അയ്യോ എന്താണ് എനിക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടി എന്റെ ജീവിതം തൊലച്ചു അച്ഛൻ രക്ഷ മിണ്ടരുത് എന്താണ് പറയാൻ വന്നത് നീ എന്നെ നീ എന്നെ വിവാഹം കഴിക്കോ ശരി എന്താണൊന്നും മിണ്ടാത്തത് എന്നെ ഇഷ്ടമല്ലേ ാണ് പോസ്റ്റിംഗ് എന്തെങ്കിലും ഉദ്യോഗം കിട്ടിയിട്ട് വേണം ഷാരിയോട് ഇത് ചോദിക്കാന്ന് വെച്ചാ ഇത്രയും കാത്തത് ജീവിക്കാനുള്ള വക ജോലിയെടുത്തുണ്ടാക്കാൻ കഴിയും എന്റെ മറുപടി അങ്ങനെ മനസ്സിലായില്ലേ ഇല്ലേ ഒരു ജോലിയുമില്ലെങ്കിലും വിളിച്ചിടം കൂടെ വരാൻ ഞാൻ മുഴുവൻ പറയൂ നിർത്തിക്കളഞ്ഞത് അയ്യോ എന്താണ് എന്താണ് ശാരി തടയുന്നത് സ്വാഭാവികമല്ലേ പക്ഷേ മകളുടെ ഹൃദയം എവിടെയാണെന്ന് ബോധ്യപ്പെട്ടാൽ എതിർപ്പ് മാറില്ലേ അച്ഛനത് മനസ്സിലാവില്ല പണ്ട് നടന്ന കാര്യങ്ങൾ ഓർത്ത് അച്ഛൻ മകളുടെ സുഖം നശിപ്പിക്കോ ഞാൻ എന്താ ചെയ്യ ഇനിശ്ചയിക്കേണ്ടത് ആലോചിക്കാൻ എനിക്ക് കുറച്ച് സമയം തന്നൂടെ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ ഇന്ന് തിങ്കളാഴ്ചയല്ലേ അടുത്ത തിങ്കളാഴ്ച മറുപടി പറയാം ആവട്ടെ ഇപ്പൊ നമുക്ക് പിരിയാനുള്ള സ്ഥലവും സമയവുമായി ഞാൻ പോട്ടെ നാളെ കാണാം ശരി അടുത്ത തിങ്കളാഴ്ചയ്ക്കായി ഞാൻ കാത്തിരിക്കും ഞാൻ പോവുകയാണ് ഹൃദയം വിളിക്കുന്നിടത്തേക്ക് അയ്യോ അച്ഛൻ കുട്ടികൾക്ക് പിന്നെ ആരുണ്ട് എല്ലാം ഇട്ടെറിഞ്ഞ് കാലില് പൊടിയും തട്ടിപ്പോകാം രണ്ടു പേർക്കും കൂടി പുതിയൊരധ്യായം തുടങ്ങാം ഞാനെന്ത് തീരുമാനിക്കണം അദ്ദേഹത്തോട് ഞാൻ എന്ത് പറയും എന്റെ ദേവി എന്റെ കയ്യില് ഒന്നുമില്ലല്ലോ മോനെ എനിക്ക് പണം വേണം എന്താ അവന് പണം വേണത്രേ എന്റെ ഉണ്ടായിട്ട് വേണ്ടേ അലമാരയിൽ ഒറ്റ ചിന്തി എനിക്ക് വേണ്ടത് കിട്ടി ഇത് ഇവിടെ ഉണ്ടായിട്ടാണ് ഒന്നുമില്ലെന്ന് പറഞ്ഞത് പോവല്ലേടാ എവിടെ നിന്ന് എടുത്ത് തരും ഇല്ലല്ലോ എന്നാ ദയവായി മാറി നിൽക്ക് നാണമില്ലാത്തവൻ വീട്ടിൽ എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഒരന്വേഷണവും വേണ്ട സിനിമക്ക് പോയി ചായ കുടിച്ച് നടന്നാൽ മതി നിങ്ങളുടെ ആരുടെയും കാശു കൊണ്ടല്ല ഞാൻ ചായ കുടിച്ചത് പറയടാത് കൊണ്ടുപോകും ഇന്ന് എനിക്ക് ഇത്തിരി പണം ആവശ്യമുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല കുടുംബസ്വത്തിന്റെ ഓഹരി വാങ്ങിക്കാണെന്ന് കരുതിക്കോളൂ വേണെങ്കിൽ കുടുംബസ്വത്തോ ഇരിക്കുന്നു കുടുംബസ്വത്ത് ഇങ്ങനെ ചെലവാക്കാൻ ആരുല്ലാതെ പോവുകയാണത്രേ എവിടേക്കാണാവോ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല ഇല്ലേ ഇല്ലേടാ ഈ നരകക്കുഴിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവും ഒരു ദിവസമെങ്കിലും വീട്ടിൽ വന്നു കയറുമ്പോൾ ലഹളയില്ലാതില്ല നിനക്ക് തരേണ്ടെന്ന് വെച്ചിട്ടാണോ ഇവിടത്തെ ഇല്ലായ്മ തീരില്ല വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്നു ഒരു അച്ഛനും കൂടി കഴിഞ്ഞ നൂറ്റാണ്ടിലെ കുറെ പോളിറ്റിക്സും ആരെ കാശില് വിലപിടിക്കാത്ത പത്രവും മക്കളെ വളർത്തിയിരിക്കുന്നു പോലും പറഞ്ഞത് ചേച്ചി നിങ്ങൾ ഇവിടത്തെ കറവപ്പശുവാണ് ഇവർ നിങ്ങളെ മൂറ്റി കുടിക്കുകയാണ് എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് ഞാൻ പോണു ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ കണ്ടില്ലേ അവൻ പോയി അല്ല അവൻ രക്ഷപ്പെട്ടു പടിയടക്കാതെ പോയി അത്ത അവരിന് മടങ്ങി വരില്ല ഞാൻ പോയി പടി അടച്ചു വരാ ആരാണിവിടെ ഇരിക്കണത് അച്ഛനെന്താ ഈ ഇട്ടത്തിരിക്കണത് പോയി കിടന്നൂടെ ഞാനൊരു പരാജയമാറുന്നു അല്ലേ ഇപ്പോൾ അച്ഛൻ പോയി കിടക്കൂ ശരി എന്തൊരു നടത്തായത് ഇന്നെന്താ നേരത്തെ പോന്നത് കേസ് കഴിഞ്ഞപ്പോഴേക്ക് മണി നാലാവൂന്നും കരുതി ഞാനൊന്ന് പുറത്തിറങ്ങിയതാ തിരിച്ചു വന്നപ്പോഴേക്ക് ആള് സ്ഥലം വിട്ടിരിക്കുന്നു ഉടനെ ഞാനും പാഞ്ഞു പോന്നു കണ്ണടച്ചു വിട്ടിട്ടാണ് ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് സൂക്കേടൊന്നും ഇല്ല ഇന്ന് തിങ്കളാഴ്ചയാണ് ഓർമ്മയില്ലേ ഇന്ന് മറുപടി തരാമെന്നല്ലേ പറഞ്ഞിരുന്നു ഞാൻ ശരിക്കും ഇത് മറന്നുപോയി എന്താണിത് ഓ എന്നോ ഇല്ലെന്നോ പറയാനില്ലേ പാടില്ല പാടുമോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത് ശാരിക്ക് സമ്മതമാണോ എന്നാണ് ശരി നോക്കൂ എന്റെ മുഖത്തു നോക്കി പറയൂ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ നിന്റെ കണ്ണുകളിൽ എനിക്കത് കാണാം എന്നോടുള്ള സ്നേഹം രണ്ടുപേരും ഒന്നാകാനുള്ളവരാണ് ഞാനും കൂടെ വീട്ടിൽ നിന്നിറങ്ങിയാൽ അച്ഛനാകെ തകർന്നു പോകും എന്താണൊന്നും മിണ്ടാത്തത് എന്നെപ്പറ്റി എന്തറിയാം എനിക്കാവശ്യമുള്ള അത്രയും അറിയാം രണ്ടു ലോകങ്ങളിലായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങളൊക്കെ അറിയുന്ന ഈ ലോകത്തിന് പുറമെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എനിക്കൊരു ലോകമുണ്ട് എന്റെ വീട് അതിലും പങ്കുചേരാൻ ഞാൻ തയ്യാറാണെങ്കിൽ അതുമായി പൊരുത്തപ്പെടാൻ അങ്ങേക്ക് സാധിക്കില്ല എന്തുകൊണ്ട് അങ്ങേക്കുണ്ടല്ലോ അച്ഛൻ എന്റെ അച്ഛനെ ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യമേയില്ല ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല അത് ശരി അപ്പോൾ അവിടെ സമ്മതല്ല സമ്മതമോ വിസമ്മതമോ എന്നൊരു ചോദ്യമേയില്ല ാണ് ജീവിതം അച്ഛന്റെ സ്വത്തില്ലെങ്കിലും കഴിയാം അപ്പോൾ അച്ഛനും മകനും തമ്മിൽ ഇതിന്റെ പേരിൽ പിണങ്ങി ഇണക്കമുണ്ടായിട്ട് വേണ്ടേ പിണങ്ങാൻ സ്വത്തിന്റെ കൂട്ടത്തിൽ ഒന്നാണ് മകൻ എന്റെ കാര്യം വ്യത്യസ്തമാണ് എനിക്ക് അങ്ങനെ ഇട്ടുപോരാൻ വയ്യ എന്നെ ആശ്രയിച്ചാണ് അവർ കഴിയണത് എന്നെ മാത്രം ആശ്രയിച്ച് ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ കൂടെ വരുന്നതുകൊണ്ട് അവരെ സഹായിച്ചുകൂടാൽ ഇരുന്നുണ്ടോ ഡൽഹിയിൽ നിന്നും മണിയോടർ അയക്കുക എന്നൊരു ഏർപ്പാടില്ലേ തയ്യാറായിട്ട് വേണ്ടേ അതെന്താ എന്റെ പണം വാങ്ങില്ല എന്നാണോ എങ്കിൽ മകൾ പണിയെടുത്തുണ്ടാക്കുന്ന പണം ദാമോദര പണിക്കരുടെ മകന്റെ ഭാര്യ നിർത്തു അച്ഛൻ എന്നും പുതിയതാണ് ആ കഥ അദ്ദേഹം അത് മറന്നിട്ടേ ഇല്ല ഞാനിത് ചെയ്താൽ അദ്ദേഹത്തിന് സഹിക്കാനാവില്ല സ്നേഹത്തിന്റെ കഴുത്ത് ഞരിക്കരുത് ശാരി ഞാനാണ് വിളിക്കുന്നത് ധൈര്യപൂർവ്വം ഇറങ്ങി വരൂ ആറ് കുട്ടികൾ അവർക്ക് ഞാനല്ലാതെ ആരുമില്ല അപ്പോ അപ്പോ എന്റെ സ്നേഹം ഷാരിക്ക് അതിനൊരു വിലയുമില്ലേ അത്രയ്ക്ക് വിലയുള്ള മറ്റൊന്നും എനിക്ക് ലോകത്തിലില്ല എനിക്കറിയാം ഷാരി എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിനുമുണ്ട് വില അതിനായിട്ട് ചവിട്ടി മെതിക്കാമോ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ അത് നമുക്ക് ജീവിക്കാനുള്ളതാണ് നോക്കൂ ഷാരിക്ക് കുട്ടികളെ ഇഷ്ടമാണ് സ്വന്തമായിട്ടൊരു കുട്ടി വേണം എന്റെ കുഞ്ഞ് എന്റെ സ്വന്തം കുഞ്ഞ് ദൈവമേ എനിക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ലല്ലോ സ്ത്രീയുടെ ജീവിതം അമ്മയാകുമ്പോൾ എന്റെ ജീവിതത്തിന്റെ പൂർണ്ണത അതാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും എന്റെ ജീവിതം പൂർണമാകാൻ വേണ്ടി മറ്റുള്ളവരെ അനാഥരാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്താണ് പറയുന്നത് മക്കളെ ഉണ്ടാക്കിയവരാണ് അവര് നോക്കേണ്ടത് അല്ലാതെ ചേച്ചിയല്ലേ അല്ലേ ആളുകളോ മറ്റു ആണോ എൻറെ കുട്ടികളാണവർ പറ്റി ഞാൻ വേണ്ട ഒന്നും പറയണ്ട നമസ്കാരം ഞാൻ പോകുന്നു ഒരു പറ്റം പിള്ളേരാണത്രേ എന്റെ പാവം കുട്ടികൾ എന്താ ചേച്ചി വന്നപാടിങ്ങനെ കിടക്കേ വീണത് ഒന്നുമില്ല ഞാനേ കാപ്പി കൊണ്ടുവരാച്ചി കാ എന്തൊരു സോര്യക്കേടാണിത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മേ വെല്ലിയച്ചി വിളിച്ചിട്ട് എണീക്കണില്ല ഓണെ ചാരു എനിക്ക് ഭയങ്കര തലവേദന വല്ലാണ്ടിരിക്കുന്നുണ്ടിരിയാണത് ഒന്നും കഴിക്കാണ്ട് തലവേദന കുറഞ്ഞ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എടുത്തു കൊടുത്തോളാം ഡോറിൽ വെള്ളം പാരണ്ടാട്ടമ്മേ അമ്മ പോയി കിടന്നോളൂ നല്ലൊരു വാക്ക് പോലും പറയാതെ പിരിയാണ്ടി വന്നു ഇല്ല അദ്ദേഹം അദ്ദേഹം ഇനി ആ ചാരു നീ പൊറപ്പെട്ടോ എങ്ങട് എങ്ങോട്ടെന്നോ കോടതിയിലേക്ക് ഇന്നെനിക്ക് വയ്യ ഞാൻ പോണില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ശാരിയെ വേദനിപ്പിച്ചെങ്കിൽ അതിന് മാപ്പ് കരുതിക്കൂട്ടിയല്ല എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ് ഞാൻ ഇന്നിവിടം വിടുകയാണ് എങ്ങോട്ടൊന്നു തീർച്ചയായില്ല അടുത്ത മാസം അവസാനം എത്തിയാൽ മതി ഡൽഹിയിൽ ഷാരിഖെന്നെ ആവശ്യമുള്ളപ്പോൾ ഒരു വാക്കെഴുതിയാ മതി ഞാൻ കാത്തിരിക്കും ഇതാണെനിക്കുള്ള ആദ്യത്തെയും അവസാനത്തെയും പ്രേമലേഖനം അപ്പോൾ അങ്ങനെയാണ് ഇനി കാണില്ല എന്റെ ഉള്ളിൽ കൊടുങ്കാറ്റ് ആരും അറിയരുത് എന്റെ ഉള്ളില് ശരദേഖപ്രസംഗം ഒന്ന് എഴുതി തരാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് സമയമില്ല ഈ മുഖപ്രസംഗം ഒന്ന് എനിക്ക് വയ്യ പിന്നെ എന്താണ് വെക്കിയ ഈയിടെ കേസിലൊന്നും ശ്രദ്ധിക്കുന്നില്ല കോടതിയിൽ തന്നെ പോകുന്നില്ല അതെന്റെ കാര്യാണ് അമ്മാവൻ കിടപ്പിലാണെന്ന് ഓർമ്മ വേണം കേസുമില്ല പത്രവും ഇല്ല എങ്ങനെ കഴിയാനാ പാവം ഇത് വലിയ ശല്യല്ലോ രാമ രാമ രാമ രാമ രാമേണ്ട എന്തോ ആലോചിച്ചിരിക്കും പേപ്പർ വായിക്കാണോ അതോ സ്വപ്നം കാണുകയാണോ ശാരിക്ക് എന്താ ഒരു മൗനം ശാരിയോ ആരാണ് ശാരി എന്നോട് വല്ല ദേഷ്യം ഉണ്ടാ അത് ശാരിക്ക് അല്ലേ അറിയോ ഞാനും അമ്മാവനും ശാരിയെ പറ്റി സംസാരിക്കുകയായിരുന്നു അത് വേഗം അങ്ങ് നടത്തുകയെന്നല്ല എന്നാണ് അമ്മാവന്റെ അഭിപ്രായം ഏത് ഏതെന്ന് ഞാൻ തന്നെ പറഞ്ഞു കേൾക്കണം ഓ ഒന്നും അറിയാത്തൊരു പാവം അമ്മാവിന് ഈയിടെയായി ക്ഷീണം വളരെ കൂടുതലാണ് വയസ്സായി വരികയല്ലേ ഈ കിടപ്പിൽ നിന്നിനി എനിക്കിലുണ്ടാവില്ല എന്നൊരു തോന്നലുണ്ടായിരിക്കുന്നു ഇങ്ങനൊരു സമാനമെങ്കിലും കിട്ടട്ടെ ആ പാവത്തിന് വെറുതെ ഇനി നീട്ടിക്കൊണ്ട് പോണോ എന്ത് എന്നെ കൊണ്ട് പറയിച്ചടങ്ങുവല്ലേ കളി കാര്യം വല്ലതുണ്ടെങ്കിൽ പറയണം കളി പിന്നെയാകാം നമ്മുടെ കല്യാണക്കാര്യം തന്നെ നമ്മുടെ എന്ന് വെച്ചാൽ എന്റെയും എന്റെ കാര്യം വിടൂ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നുവെച്ചാ അത് നടപ്പില്ലെന്ന് തന്നെ എന്താ നടക്കില്ലെന്ന് ഒരു കാരണം വേണമല്ലോ ഒരു കാരണവുമില്ല ഞാനിപ്പോൾ ആരെയും കല്യാണം കഴിക്കണില്ല കല്യാണമേ വേണ്ട എന്നാണോ അതെ അതെത്ര സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്തായി ഈ സ്ത്രീ ഇങ്ങനെ ഇരിക്കാൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കണത് അച്ഛൻ അങ്ങനെയല്ല വിചാരിങ്കിലോ അച്ഛൻ തീരുമാനിക്കേണ്ട കാര്യമല്ല ഇത് എന്നെ പിടിക്കാത്ത കൊണ്ടാണോ ആരെയും കല്യാണം കഴിക്കില്ലെന്നുണ്ടോ ഞാനിപ്പോൾ ആരെയും കല്യാണം കഴിക്കുന്നില്ല ആരായാലും വേണ്ടേ എലഞ്ഞിപ്പറമ്പിലെ ഭാസ്കരമേനാണായാലും വേണ്ടേ എന്താണ് രാമൻകുട്ടി പറഞ്ഞത് എനിക്ക് പകരം ഈ നിൽക്കുന്ന വക്കീൽ ഭാസ്കരമേനാണെങ്കില് കല്യാണമേ വേണ്ട എന്ന് പറയുമെന്ന് നിർത്തടോ ഇനിയൊരു അക്ഷരം മിണ്ടരുത് ചരു ഈയിടെ പത്രത്തിന്റെ കാര്യമൊന്നും നോക്കാറില്ല എന്ന് രാമൻകുട്ടി പറഞ്ഞു എനിക്ക് വയ്യണ്ടായോ ഇനി നീ വേണം ഇതൊക്കെ നോക്കാൻ നിനക്കിത് കഴിയും ചരു പുരുഷന്റെ ബുദ്ധി നനക്കുണ്ട് പക്ഷെ ഒരാണുകൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യം നടക്കൂ രാമൻകുട്ടിക്ക് മിടുക്ക് പോരാ അവനെ കൊണ്ട് തന്നെ ഒന്നും എന്തൊക്കെ വേണമെന്ന് നീ പറഞ്ഞു കൊടുത്താ മതി അവൻ നടത്തിക്കൊള്ളും നീയൊന്നും അനുസരിത്തിയാ ആ പത്രം എങ്ങനെയാവില്ല നീ അവനെ കൊണ്ട് ചെയ്യിക്കണം പത്രത്തിന്റെ കാര്യം എനിക്ക് ഉറപ്പായിരുന്നു നീ അത് ചെയ്യുന്നു നല്ല ദിവസം നോക്കാൻ രാംകുട്ടിയെ തന്നെ പറഞ്ഞയക്കണം നല്ല ദിവസോ എന്തിന് നാലാള് ചെയ്യണ പോലെ കല്യാണം നടത്താൻ പറ്റില്ല രാമൻകുട്ടിയോടൊന്നും നിങ്ങടെ വരാൻ പറഞ്ഞാ മതി കല്യാണത്തിന്റെ കാര്യം ഇവിടെ എന്താ രാമൻകുട്ടി ഇല്ലാതെ നിനക്ക് പത്രം നടത്താനാവോ ഇല്ലായിരിക്കും എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും ഇങ്ങനെ ഇടപെടുന്നത് വെടിപ്പല്ല അപ്പോൾ അതാണ് കാര്യം പത്രം നടത്തിക്കൊണ്ട് പോകാനുള്ള സൗകര്യത്തിന് ഞാൻ അയാളെ കല്യാണം കഴിക്കണം അച്ഛൻ ഇതെങ്ങനെ പറയാൻ കഴിയണു എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ വയ്യ അവൻ എന്താ ഒരു കുറവ് ഒന്നും അവനാണെങ്കിൽ നൂറു വട്ടം സമ്മതം നിനക്ക് എന്തുകൊണ്ട് ആരെയെങ്കിലും കല്യാണം കഴിക്കണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ല നിനക്ക് ആരോടെങ്കിലും ഇഷ്ടോ എനിക്ക് കല്യാണം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത് അസംബന്ധാണ് നിനക്ക് മറ്റാരോടെങ്കിലും സ്നേഹന്ന് അത് പറയേണ്ട കാര്യമില്ല ഞാൻ ആള് കല്യാണം കഴിക്കാൻ പോണൂല്ലേ എന്നെ കൊണ്ടത് അച്ഛൻ പറയിക്കരുത് ആണോ അച്ഛനെന്നെ കൊണ്ട് പറയിച്ചതാണ് അപ്പൊ അത് എന്നെ ദ്രോഹിച്ചവന്റെ മകനെ അതിന് ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ നീ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു എന്റെ സകലതും ഞാൻ നശിപ്പിച്ചു രണ്ടാളുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് കുട്ടികളെ കരുതി ഞാനെന്റെ സ്നേഹം കുഴിച്ചു മൂടി ഒരൊറ്റയാൾക്ക് വേണ്ടി ഒരാളുടെ ദുരഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അച്ഛൻറെ അച്ഛന്റെ കുത്തി കുത്തി എല്ലാം എന്നെ കൊണ്ട് പറയിച്ചിട്ട് കടത്ത് പോയൊക്കെ കടന്ന് പോവരു അച്ഛനും വയ്യ അയ്യോ അയ്യോ എന്താ ഒരു പന്തിലായ തുടങ്ങിയിരുന്നു ഒന്നിനൊരു ഉത്സാഹമില്ലാൻഡായി കോടതി പോക്കൊക്കെ കഷ്ടിയായി ഉടുപ്പും നടപ്പും സന്യാസികളുടെ പോലെയായി ശാരദ എങ്ങനെ ജയിലിലായി ഗോവയിലോ പോർത്തുഗലിലോ സത്യാഗ്രഹത്തിനെന്നും പറഞ്ഞ് കുറെ ആളുകൾ വണ്ടി കേറി പോയി ആ കുട്ടിയും അവരുടെ കൂടെ പോയിന്നും ആരോ കണ്ടു പോയിക്കഴിഞ്ഞിട്ടാ വീട്ടുകാരറിഞ്ഞതേ അവിടെ പിന്നെ അന്വേഷിക്കാനൊന്നും ആരുല്ലാലോ വിറ്റും തിന്നും കൊറേ കാലം കൂടി അവരവിടെ ഉണ്ടായിരുന്നു കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിട്ടാ അവറ്റ കേട്ടില്ല ശാരദയോ അതിനിടയിൽ കേട്ടു ആ കുട്ടി എന്തോ സാഹസം കാട്ടിത്രെ സത്യ എന്താ ഹെ നിങ്ങൾക്ക് എന്താ പറ്റിയത് ഒന്നുമില്ല ഒന്ന് നിൽക്കണേ അവര് നിങ്ങളുടെ വല്ലൂരായിരുന്നോ ആയിരുന്നു ആയിരുന്നു എഴുതാതിരിക്കാൻ വയ്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇനിയും എഴുതിപ്പോകും ഞാൻ സ്നേഹി ജീവിതമെന്താണാവോ ഞാനത് ചോദിപ്പിയില്ലല്ലോ റിയാതെ സൗമ്യമായി മകൾ രാജലക്ഷ്മിയുടെ കഥയുടെ റേഡിയോ ആവിഷ്കാരമാണ് നിങ്ങൾ കേട്ടത് റേഡിയോ ആവിഷ്കാരം ഡോക്ടർ പി ഗീത കഥാപാത്രങ്ങളും പങ്കെടുത്തവരും കൃഷ്ണൻകുട്ടി മേനോൻ എം കെ വാര്യർ ഭാസ്കരമേനോൻ കെ ജയൻ ദാമോദര പണിക്കർ ഇ മണി ദാമോദര പണിക്കരുടെ അച്ഛൻ അയിലൂർ ദിവാകരൻ വഴിപൊക്കൻ ശശിധരൻ കളത്തിങ്കൽ പോലീസ് ജയിലർ പി ജെ ജഡ്ജ് ജോസ് ചുങ്കത്ത് ശാരദയുടെ അനിയൻ മോഹൻ അങ്കമലി ശാരദ സിന്ധൂ ടി ഗംഗാധരൻ ശാരദയുടെ അമ്മ ടി ഭാരതി അമ്മിണി എം തങ്കമണി പാറൂട്ടി സൈനബ പത്മിനി തങ്കം മോഹൻ കൂടാതെ ഉദയകുമാർ വർഷാ കണ്ണൻ നിഷാ മേനോൻ കവിതകൾ രാജലക്ഷ്മി ജി കുമാര പിള്ള ജി ശങ്കരക്കുറുപ്പ് സംവിധാന സഹായം ഉമാ ബാലൻ ആകാശവാണി തൃശൂർ നിലയം